വിശ്വസിച്ച എന്റെ ദാസന്മാരോട് പറയുക അവർ നമസ്കാരം നിലനിർത്തുകയും വിൽപ്പനയോ സൌഹൃദമോ ഇല്ലാത്ത ഒരു ദിവസം വരുന്നതിനു മുമ്പ് ഞങ്ങൾ നൽകിയ ഉപജീവനത്തിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുകയും ചെയ്യട്ടെ